ഓരോ ജനതയ്ക്കും കാര്യങ്ങൾ വ്യക്തമാക്കിക്കൊടുക്കുന്നതിനായി അവരുടെ ഭാഷയിലല്ലാതെ നാം ഒരു ദൂതനെയും അയച്ചിട്ടില്ല പിന്നീട് അള്ളാഹുസുബാനഹുഅറ്റ ആല ഉദ്ദേശിക്കുന്നവരെ അവൻ വഴിപിഴപ്പിക്കുകയും ഉദ്ദേശിക്കുന്നവരെ നേർ ചെയ്യുന്നു അവൻ പ്രബലനും യുക്തിമാനുമാണ്